paraman sanvaristhara vishnu ya ola musa varo ruha namo paramatme sankara namo sankara ത്തെ കുറിച്ച് പറഞ്ഞു വരവേ രോഗങ്ങളെ പൊതുവെ കാണുന്ന കാഴ്ചപ്പാട് അത് രോഗം ഭാവമാണ് അതുപോലെ അത് ക്രിയയാണ് അത് വികൃതിയാണ് അത് റിയാക്ഷനാണ് ഇവയെല്ലാം കണ്ടുവന്ന ചരകാ സുശ്രുതാദികൾ രോഗങ്ങളെ കാണുന്ന വഴികൾ അതിലെ ചരകന്റെ സിദ്ധാന്തങ്ങൾ അത് കഴിഞ്ഞ് സുശ്രുതൻ കാണുന്ന ചരകനും സുശ്രുതനും വാഗ്ഭടനും എല്ലാം രോഗത്തിൽ ദുർഖമായി കാണുന്നു അല്ലെങ്കിൽ രോഗം എന്നത് പൂർവജന്മകൃതമായ പാപം തന്നെയാണ് എന്ന് കണ്ടിട്ട് അതിനെ മൂന്നായി പിരിച്ച് സുശ്രുത ചിന്തയിലൂടെ മൂന്നായി പിരിച്ച് ആ മൂന്ന് തലങ്ങളരച്ച് കാണുകയായിരുന്നു എന്നാണ് എന്റെ ഓർമ്മ ശരിയാണ് അത്ര അണവെടുത്തെന്ന് തോന്നി ലോകത്തെ ആകെ കൂടി നോക്കിക്കാണുമ്പോ എപ്പോഴെല്ലാം വ്യക്തി അവന്റെ ധീ ബുദ്ധി ധൃതി ക്ഷമ ഇത് പറഞ്ഞാണെന്നാണ് എന്റെ ഓർമ്മ മൂന്ന് സ്മൃതി അവന്റെ ഓർമ്മ മനുഷ്യൻ ഈ മൂന്ന് കാര്യങ്ങളെ ശ്രദ്ധിച്ച് ജീവിക്കുന്നതായാൽ യാതൊരു രോഗവും ഒരു ജീവിതകാലത്ത് ആരോഗ്യമുള്ള വ്യക്തി ആരോഗ്യമുള്ള കുടുംബം ആരോഗ്യമുള്ള സമൂഹം ഉണ്ടാകണം എങ്കിൽ ഈ മൂന്നെണ്ണത്തിന് ഭ്രംശം വരാതിരിക്കാൻ മാത്രമേ പഠിപ്പിക്കേണ്ടതുള്ളൂ വിദ്യാഭ്യാസത്തിന്റെ സനാതനവും സാംസ്കാരികവും സാമൂഹ്യവുമായ തലം ഈ മൂന്നെണ്ണത്തിലുണ്ട് ഒരുവന്റെ ജീവിതക്രമം രൂപപ്പെടുത്തുമ്പോൾ ബാഹ്യങ്ങളായ രോഗങ്ങൾ ആന്തരികങ്ങളായ രോഗങ്ങൾ ഇവയില്ലാതിരുന്നാൽ ആരോഗ്യമായി എന്നാണ് ആധുനികർ വിശ്വസിച്ചിരുന്നത് പൗരാണികരങ്ങനെയല്ല അടുത്ത കാലം വരെ ആധുനിക വൈദ്യശാസ്ത്രത്തെ കണ്ടിരുന്നത് ഈ ഒരു ദൃഷ്ടികോണത്തിലാണ് രോഗമില്ലാതിരുന്നാൽ ആരോഗ്യമായി എന്നാണ് കണ്ടിരുന്നത് ഈ കാഴ്ചപ്പാടിന് വളരെ മാറിക്കഴിയും എന്നാൽ വളരെ പണ്ടേ തന്നെ ഭാരതീയ ചിന്ത സമദോഷ സമാ സമതാതുമലക്രിയ പ്രസന്ന ആത്മേന്ദ്രിയ മനാ സ്വസ്ഥ എന്ന് വ്യക്തമായി പറഞ്ഞു ആത്മാവ് മനസ്സ് ഇന്ദ്രിയങ്ങൾ പ്രസന്നങ്ങളാകണം അരോഗ ദൃഢഗാത്രനായിരിക്കണമെങ്കിൽ ഡബ്ല്യു എച്ച്ഒയുടെ ഇന്നത്തെ ചിന്തയും അതുതന്നെയാണ് അവിടെ എത്തിയിട്ടുണ്ട് ഡബ്ല്യു എച്ച്ഒ പണ്ടതല്ല It is not an absence of disease or infirmity, it is complete, physical, mental and the social well-being. Tanda adikkalai ilmunna, kuri plasti ki gudu churitti purathe kura ala zi yannadu, aya kari unge bilhya atsadurumma. രോഗിയായി തന്നെ പരിഗണിക്കേണ്ടതാണ് വഴിയിലൊരാൾ തുപ്പുന്നത് അയാൾക്ക് ആരോഗ്യമില്ലാത്തത് കൊണ്ടാണ് ഇന്ത്യ പോലുള്ള രാജ്യത്തിലെ മുഴുവൻ പേരും രോഗികളാണ് കാരണം ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വിദ്യാഭ്യാസം ഇന്ത്യയിലെ പിഷദ്വരന്മാർക്ക് പോലും ലഭിക്കുന്നില്ല ിൽ ബസിൽ കാറിൽ പോകുന്ന വഴിയിൽ നിന്ന് ഒരു തൻ സിഗരറ്റ് വലിക്കുന്നു അവൻ ആരോഗ്യമില്ലാത്തവനാണ് പറഞ്ഞാൽ മനസ്സിലാവോ അവനെ കാണുകയും ചികിത്സിക്കുകയും ചെയ്യേണ്ടതാണ് ഒരു കുട്ടിയെ പഠിക്കാത്തതിനോ കളിക്കുന്നതിനോ മറ്റു കാര്യങ്ങൾക്കോ തല്ലുന്ന അച്ഛൻ രോഗിയാണ് കൂട്ടത്തിൽ പണിയെടുക്കുന്ന അമ്മയും മോളും പണിയെടുക്കുമ്പോൾ മകളെ അടിക്കുകയോ ചീത്ത പിടിക്കുകയോ തെളിവളിക്കുകയോ ചെയ്യുന്നത് ആരോഗ്യമില്ലാത്ത ഒരു അമ്മയുടെ ലക്ഷണമാണ് എന്നിട്ട് പറഞ്ഞാൽ നിങ്ങക്ക് നിങ്ങൾക്ക് മനസ്സിലാകുമോ എന്ന് എനിക്കറിയില്ല കാരണം അതിൽ സോഷ്യൽ വെൽബീയിങ് ഇല്ല ഫിസിക്കൽ വെൽബീയിങ്ങിലാവാം ഇല്ലാന്ന് തോന്നി നടപ്പിലാക്കാൻ പറ്റില്ല എന് കാരണം അവൻ രോഗിയായതുകൊണ്ട് നടപ്പിലാക്കാൻ പറ്റില്ലെന്ന ഞാനും പറഞ്ഞേ കാരണം രോഗികൾക്ക് എങ്ങനെയാ നടപ്പാക്കാൻ പറ്റുന്നത് അവനെ ശരിക്കും ചികിത്സിക്കണം അതല്ല ഇങ്ങനെ ഉണ്ടാകുന്നത് കേരളത്തിൽ നാനൂറ്റി പേർക്ക് ഇപ്പോള് ഒരു ഡോക്ടറുണ്ട് കേരളത്തിൽ ഇനിയും പാസ്സായി ലോകമെമ്പാടുമായി എടുത്താൽ ആയിരം പേർക്ക് ഒൻപത് പിഷബ്കുരന്മാർ വെച്ചിരുന്നു കേരളത്തിൽ അത് നാനൂറ്റി അൻപത് പേർക്ക് എഴുന്നൂറ്റമ്പതിനൊന്നായിരുന്നു മൂന്ന് കൊല്ലം മുമ്പ് അപ്പൊ നാനൂറ്റമ്പതിനൊന്ന് വെച്ചിട്ടുണ്ട് ഒരു വർഷം അറുപത് കോടി രൂപയുടെ പാരസെറ്റമോൾ കേരളീയർ അടിച്ചു കയറ്റുന്നുണ്ട് കോടി കേരളീയർ മുഴുവൻ പേരും പാരസെറ്റമോള് കഴിച്ചാൽ തന്നെ ഇരുപത് രൂപയുടെ പാരസെറ്റമോൾ ഒരാൾ കഴിക്കണം ഇത് പറഞ്ഞാൽ മനസ്സിലാവൂ ഇതൊക്കെ പറഞ്ഞാല് ഭരിക്കുമോ ജീവിതത്തെയും രോഗങ്ങളെയും ഒക്കെ പറ്റി പഠിക്കുമ്പോ രോഗം എവിടുന്നാണ് വരുന്നത് ആയുർവേദത്തിന്റെ സമഗ്രമായ പഠനത്തിൽ ഒരുവന് രോഗം ഉണ്ടാകുന്നത് പ്രാഥമികമായി കർമ്മത്തിൽ നിന്നാണ് ദുഃഖത്തിൽ നിന്നാണ് ുഃഖവും കർമ്മവും പൂർവജന്മ കൃതമാണ് അവന്റെ ജനിതക സ്മൃതികളിൽ ഇരിക്കുന്നത് മാത്രമാണ് ഭൗതികങ്ങളായ ഒരു കാരണവും ഒരാളെയും സുഖിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ ചെയ്യില്ല അവന്റെ സ്മൃതിയിൽ നിന്ന് മാത്രമേ സുഖവും ദുഃഖവും ഉണ്ടാവൂ ഇതാണ് പ്രാഥമികമായ പഠനം ഇത് ഞാൻ പറഞ്ഞു കഴിഞ്ഞതായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഉദാഹരണങ്ങളിൽ ഞാൻ പറഞ്ഞതാണെന്നാണ് എൻ്റെ ഓർമ്മ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരാൾക്ക് ദുഃഖമുണ്ടാകുന്ന സംഭവം സംഭവം ദുഃഖമുണ്ടാക്കുമെങ്കിൽ അത് അനുഭവിക്കുന്ന മറ്റൊരാളെയും ദുഃഖിപ്പിക്കേണ്ടതാണ് അയാൾക്ക് സന്തോഷമാണ് ആ സംഭവം ഉണ്ടാക്കുന്നത് ഏ നഷ്ടപ്പെടുമ്പോൾ വേറെ ചിലർ നഷ്ടപ്പെടുമ്പോൾ ആനന്ദിക്കുന്നവരുണ്ട് എല്ലാവരും പൈസ നഷ്ടപ്പെടുമ്പോൾ ദുഃഖിക്കുന്നില്ല അല്ല ധർമ്മത്തിലൂടെ സമ്പാദിച്ചതായാലും അധർമ്മത്തിലൂടെ സമ്പാദിച്ചതായാലും അധർമ്മം ബോധം ഉള്ളിലുണ്ടാകുമ്പോൾ മാത്രമേ ദുഃഖം ഉണ്ടാകുന്നുള്ളൂ ധർമ്മം ആനന്ദിപ്പിക്കുന്നതാണ് വഴിയിൽ നിന്നൊരു പണമൊരുത്തൻ്റെ കയ്യിലേക്ക് കിട്ടുമ്പോൾ അവന് കിട്ടിയതിൽ സന്തോഷമാണ് ഉണ്ടാകുന്നത് വേറൊരുത്തനവിടെ ഇടുകയാണ് കാരണം എന്താ വെച്ചാൽ ദുഃഖിപ്പിക്കുമെന്ന് അവൻ തോന്നുക മറ്റൊരാൾക്ക് ദാനമായി കുറച്ച് ആഹാരമോ പൈസയോ കൊടുക്കുമ്പോൾ ചിലർ സന്തോഷിക്കുകയാണെങ്കിൽ ചിലർ കൊടുക്കുമ്പോൾ ദുഃഖിക്കുകയാണ് ചെയ്യും സംഭവങ്ങൾ ദുഃഖമോ സുഖമോ അല്ല സംഭവങ്ങളോട് പ്രതികരിക്കുന്ന മനസ്സില് പൂർവ്വജന്മ കൃതങ്ങളായി കിടക്കുന്ന കാര്യങ്ങളാണ് അതിനെ സുഖമോ ദുഃഖമോ ആക്കി മാറ്റുന്നത് ആ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നത് ധൃതിയിലും സ്മൃതിയിലും തീയിലുമാണ് ധീ ധൃതി സ്മൃതി ഇതിന് ഭ്രംശം വരാതെ അശുഭങ്ങളായ കർമ്മങ്ങൾ ഉണ്ടാകുന്നില്ല അശുഭം പ്രജ്ഞാപരാധം സർവദോഷപ്രകോപണം ഇതാണ് അതിന്റെ നിർവചനം ഇത് ഇന്നൊന്നും എഴുതിയതല്ല ഈ കാലഘട്ടത്തിൽ രൂപപ്പെട്ടതും അല്ല ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയതാണ് അത് ശരിയാണോ എന്നൊന്ന് മാത്രം നോക്കിയാൽ മതിയാവോ ും വിവും കുന്ന പ്രകർഷണ കോപിക്കുന്ന ഒന്ന് പ്രജ്ഞാപരാധമാണ് ആ പ്രജ്ഞാപരാധമെന്നത് സ്മൃതി വിഭ്രംശമാകുമ്പോൾ ഏത് അശുഭങ്ങളായ കർമ്മങ്ങളും ചെയ്യും അതാണ് പ്രജ്ഞാപരാധം ഓർമ്മ കൂടെ അശുഭകർമ്മങ്ങൾ ചെയ്യാനാവില്ല ക്ഷമയുള്ളവൻ അശുഭകർമ്മങ്ങളെ ചെയ്യില്ല ുദ്ധിയുള്ളവനും അശുഭകർമ്മങ്ങളെ ചെയ്യില്ല ബുദ്ധിയും ക്ഷമയും സ്മൃതിയും നഷ്ടമാകുന്നത് സ്വഭാവമാണെങ്കിൽ ദോഷം പ്രകോപിക്കുന്ന രോഗങ്ങളിലേക്കുള്ള നാന്തിയായി കരുതേണ്ടതാണ് ഉത്തമമായ രീതിയിൽ നിദാനം കാണുമ്പോൾ ആളിന്റെ ധീ ക്ഷമ ഇവയെ നിദാനമാക്കിക്കൊണ്ട് ചികിത്സിച്ചാൽ ബലം കൂടുതൽ കിട്ടേണ്ടതാണ് എത്ര ലക്ഷണങ്ങളെ ചുരുക്കി അറിഞ്ഞാൽ എളുപ്പമുണ്ടോ അതാണ് കൈകാര്യം ചെയ്യാൻ എളുപ്പം അത് മനസ്സിലായില്ല ഒരാളെ പരിശോധിക്കുമ്പോൾ എത്ര കുറഞ്ഞ ലക്ഷണങ്ങളിൽ നിന്ന് നിഗമനത്തിലെത്താൻ കഴിയുമോ അത് എളുപ്പവും എത്രയായിരം ലക്ഷണങ്ങൾ പഠിച്ചിട്ടെത്താൻ ശ്രമിക്കുന്നുവോ അത് വികല്പവുമാകുന്നു വിശക്വരന്റെ മനസ്സും രോഗിയുടെ ലക്ഷണങ്ങൾ ചേർന്ന് വലിയൊരു പ്രപഞ്ചം ഉണ്ടാക്കുമ്പോൾ ഓരോ ലക്ഷണവും പരസ്പരം മുമ്പിൽ വന്ന് നിൽക്കുന്ന സമയത്ത് ആ ലക്ഷണങ്ങളിലുള്ള പരസ്പര വൈവിധ്യം അയാളെ തെറ്റായ നിഗമനങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് കൂടുതൽ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് വൈദ്യശാസ്ത്രത്തിന്റെ വികാസ കൂടുതൽ ഫലമില്ലായുകയും വൈദ്യശാസ്ത്രത്തിന്റെ ആദിമ കൂടുതൽ ഫലവും തരുവാൻ കാരണമായതെന്ന് സങ്കേതം മനസ്സിലായില്ല നാല് പൈസയുടെ ഗുളിക കൊണ്ട് എം ബി ബി എസ് കാരൻ രക്ഷപ്പെടുത്ത് നാലായിരം രൂപ ചികിത്സിച്ച് തെക്കേപ്പറമ്പിൽ കുഴിച്ചിടുന്നതിലേക്ക് എം ഡിയും ഡി എത്തിച്ചിട്ടുണ്ടെങ്കിൽ അത് സങ്കേതജാഡ്യം കൊണ്ടാണ് ഇനിയും മനസ്സിലായില്ല ഞാൻ പറഞ്ഞ വാക്കുകളിൽ ശരി കുറവുണ്ടാകാം എന്നുള്ള അനുഭവത്തിൽ ഞാൻ പറഞ്ഞത് ശരിയല്ല മുമ്പ് അവര് കൈകാര്യം ചെയ്തിരുന്ന കാലങ്ങളിലെ അത്രയും റിസൾട്ട് ഇന്നില്ല ശരിയല്ല ആ എം ബി ബി റിസൾട്ട് പട്ടാളത്തിൽ നിന്ന് ചാടി വന്ന കമ്പൗണ്ടർമാരുടെ കാലത്തുണ്ടായിരുന്നു ശരിയല്ല ഇവരുടെ കാലത്തേക്കാളൊക്കെ റിസൾട്ട് അമ്മച്ച് വെച്ച് വിളമ്പിത്തരുന്ന കൊടിയേരിക്കഞ്ഞിക്കും പപ്പടം ചുട്ടതിനും വരയുണ്ടായിരുന്നു ശരിയല്ല അനുഭവം പറഞ്ഞാൽ മതി ആലോചിച്ചിട്ട് മാത്രം പറഞ്ഞാൽ മതി അനുഭവമുണ്ട് ഇപ്പൊ സങ്കേതചാട്യം വരുമ്പോൾ ഫലം കുറയുന്നു ഇത് വൈദ്യശാസ്ത്രത്തിന്റെ പ്രഹേളികയാണ് അന്ന് മുതൽ ഇന്നുവരെ അപ്പൊ സങ്കേതങ്ങൾ എത്ര വിപുലങ്ങളാകുന്നു അതുകൊണ്ട് വൈദ്യശാസ്ത്രം അതിന്റെ അടിസ്ഥാന തന്തുവിൽ ചരകനും ചരകനും ശുശ്രുതനും വാഗ്പടനും ഒരറ്റത്തുനിന്ന് തുടങ്ങിയ എല്ലാ രോഗവും ദുഃഖം എന്നു ഒറ്റ രോഗമേ ഉള്ളൂ അത് ദുഃഖം തന്നെയാണ് രുചാകരണ സാമാന്യാ ദുഃഖാനീകം രോഗങ്ങളെ മൊത്തം എടുത്താൽ ദുഃഖം എന്ന് വിളിക്കാം ദു ഞാൻ എടുത്തതാണെന്ന് എനിക്ക് തോന്നുന്നു പാപം തസ്മാതി ഉത്പദ്ധ്യത ഇതി ദുഃഖം പൂർവ്വജന്മ കൃതങ്ങളായ കർമ്മങ്ങൾ പാപങ്ങൾ അവ തന്നെയാണ് രോഗങ്ങൾ അതിനെ പഠിപ്പിക്കുമ്പോൾ ആധ്യാത്മികം ആദി ഭൗതികം ആദി ദൈവികം എന്ന് മൂന്ന് ആധ്യാത്മികം എന്ന് പേര് വന്നത് സൂക്ഷ്മമായതുകൊണ്ടാണ് ശരീരതലങ്ങൾ കപ്പുറ അവയെ തിരിക്കുമ്പോൾ ഒന്ന് വൃത്തങ്ങളായ ദുഖങ്ങൾ എടുത്താണ് അതിന്റെ ഓർമ്മ ആദിബലപ്രവൃത്തം മാതൃജിതാവിൻ്റെയും മാതാവിന്റെയും എന്നൊക്കെ നിങ്ങൾ വിളിക്കുന്ന ബീജം ബീജഭാഗം എന്ന് നിങ്ങൾ പറയുന്ന ക്രോമസോം ബീജഭാഗ അവയവം എന്ന് വിളിക്കുന്ന ജീവ ആനയിച്ചുകൊണ്ടിരുന്ന രോഗങ്ങൾ സുക്രതൻ അങ്ങനെയാണ് അതിന് പേരിട്ടിരിക്കുന്നത് ബീജം ബീജഭാഗം ബീജഭാഗ അവയവം മാതൃജം പിതൃജം മാതാവിൽ നിന്ന് പിതാവിൽ നിന്ന് ആ പരമ്പരയിൽ നിന്നുണ്ടാകുന്നു ജന്മബല പ്രവൃത്തം അന്നരസജം ദൗഹദാപചാരജം ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തു എൻ്റെ ഓർമ്മ കഴിക്കുന്ന ആഹാരം അന്നം അത് ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന അഞ്ച് ആഹാരം സൂക്ഷിച്ചില്ലെങ്കിൽ രോഗമുണ്ടാവും സ്ഥൂലമായി ആഹരിക്കുന്ന അന്നം സൂക്ഷിച്ചില്ലെങ്കിലും രോഗമുണ്ടാവും ഒരു പരിഷ്കൃത സമൂഹം അന്നം വിറ്റുകൂട ഇതൊക്കെ ഞാൻ പറഞ്ഞതാണെന്ന എനിക്ക് തോന്നുന്നു നാരദൻ ഭാഗവത്തിൽ പറയും അട്ടശൂല ജനപദ അത് പറയേണ്ടി വരുന്ന സന്ദർഭം ഗുജറാത്തിലെത്തുമ്പോൾ അവിടെ ഒരു രണ്ട് വൃദ്ധന്മാരെ ഒരു സ്ത്രീ പരിചരിച്ചു ആ വൃദ്ധന്മാർ അവരുടെ മക്കളാണ് അകാല വാർദ്ധക്യം വന്നിരിക്കുന്നു ഈ മക്കൾ അങ്ങനെയാണ് കഥ തുടങ്ങുന്നത് കഥ നമുക്ക് ആവശ്യമില്ല ഭക്തിയും വൈരാഗ്യവും അതുപോലുള്ള കാര്യങ്ങളെ പറയുന്ന രൂപീകരിച്ച കഥയാണ് അപ്പോ ഈ അവസ്ഥയിലെത്താൻ കാരണം എന്താണ് അപ്പൊ ആ സ്ത്രീയോട് ചോദിച്ചു അപ്പൊ ഞാൻ ജനിച്ചത് ഇന്ന സ്ഥലത്താണ് അവിടെ നിന്ന് വളർന്നത് ഇന്നടത്താണ് ദ്രാവിഡദേശത്തുനിന്ന് വന്നു അങ്ങനെ എവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പൊ ഇവിടെയാണ് കഷ്ടിച്ചൊരു കുളിർമയുള്ളത് ഇതൊക്കെ നദികളാണ് എന്നെ പരിചരിക്കുന്നത് എന്നൊക്കെ നാരദനോട് പറഞ്ഞു കഴിഞ്ഞ് നാരദൻ നടന്നു നോക്കുമ്പോൾ അട്ടശൂല ജനപദ എന്ന് ഭാഗവതത്തിൽ പറയുന്നത് കാണാം എന്ന് എല്ലായിടത്തും അന്നം വിൽക്കുന്നു അന്നം വിൽക്കുന്നത് ഒരു അപരിഷ്കൃത സമൂഹത്തിന്റെ കടനയുടെ ലക്ഷണമാണ് അന്നം വിൽക്കേണ്ടി വരുന്നത് രോഗങ്ങൾ കൂടുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോയി തൃപ്പൂണിത്തറ കവലയിൽ ബസ് കാത്തു സമയത്തിനിടയിൽ നിങ്ങൾ നിക്കുവാറും ഒരു പത്ത് രോഗമെങ്കിലും തയ്യാറാക്കിക്കൊണ്ടാണ് വീട്ടിലേക്ക് പോകുന്നത് രാവിലെ മുതൽ ഒരു മണിക്കൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അതിന് ഓപ്പോസിറ്റുള്ള കടയിലെ ചില്ലലമാരിയിൽ ഒരിടത്ത് ലഡുവും ജിലേബിയും ഒക്കെ വെച്ചിരിക്കുന്നു അവിടുത്തെ ബേക്കറിയിൽ അപ്പുറത്തൊരു അലമാരി കേത്ത് വടയും ഉഴുന്നുവടയും ദോശയും ഇഡ്ഡലിയും ചട്നിയും സാമ്പാറും ഒക്കെ വെച്ചിരിക്കുന്നു അപ്പുറത്ത് വേവിക്കുന്നതിൻ്റെ മണം വരുന്നു നേരെ അപ്പുറത്ത് തണ്ടൂരി ചിക്കൻ വെച്ചിരിക്കുന്നു അങ്ങനെയൊക്കെയല്ലേ എന്നോട് പറയാം അങ്ങനെയല്ലേ അല്ല ഇതെല്ലാം ഇങ്ങനെ കെട്ടിത്തൂക്കുകയും തൂക്കുകയും ഒക്കെ ഇട്ടിരിക്കുന്നു അതിന്റെ മുമ്പിൽ കുറെ നേരം നിന്ന് ബസ് വരുന്നുണ്ടോന്ന് നോക്കുന്നു അതിനിടെ അലമാരിയിലേക്ക് നോക്കുന്നു അലമാരിയിലേക്ക് നോക്കുന്നതിനിടയിൽ ഒരു ട്രിപ്പ് വെള്ളം ഇറങ്ങുന്നു മനസ്സിലായില്ല മനസ്സിലായില്ല മുപ്പത് പ്രാവശ്യം അലമാരിയിൽ നോക്കി മുപ്പത് പ്രാവശ്യം സലൈവായി ഇറങ്ങിപ്പോകുമ്പോൾ ആ അലമാരിയിൽ ഇരിക്കുന്ന ഭക്ഷണം ആ രൂപം ഭാവം മുതലായവയോടുകൂടി നിങ്ങളുടെ മസ്തിഷ്കത്തിൽ അതിൻ്റെ ഭാവാന്തരം ഉണ്ടാക്കുകയും കണ്ടീഷൻഡ് റിഫ്ലക്സിൽ മസ്തിഷ്കം അപ്പോൾ തന്നെ സലൈവയെ ഉൽപ്പാദിപ്പിക്കുകയും സലൈവ ഇവിടെ ഉൽപ്പാദിപ്പിക്കുമ്പോൾ നിങ്ങളുടെ അന്നനാളത്തിലൂടെ കടന്നുപോയത് ഈ ഭക്ഷണ പദാർത്ഥമാണെന്നുള്ള തെറ്റിദ്ധാരണയിൽ ബയല് അതുപോലെ തന്നെ പാങ്കരിയാസ് ഉൽപ്പാദിപ്പിക്കുന്ന രസം അതുപോലെ തന്നെ ആമാശയ രസങ്ങൾ അതുപോലെ തന്നെ ഡിയോഡിനത്തിൽ നിന്ന് വരുന്ന രസങ്ങൾ എല്ലാം തയ്യാറാകുമ്പോൾ ശരാശരി രണ്ട് ലിറ്റർ വീതം ഈ ദഹന ദഹിപ്പിക്കാനുള്ള വസ്തു ഇല്ലാതെ നിങ്ങൾ രൂപാന്തരപ്പെട്ട് കഴിഞ്ഞു കടക്കാരൻ വിദ്യാഭ്യാസമുള്ള ഡോക്ടർമാർ വിദ്യാഭ്യാസമുള്ള എഞ്ചിനീയർമാർ വിദ്യാഭ്യാസമുള്ള മന്ത്രിമാർ സാക്ഷരത പൂർണമായി ജനിച്ച് ലഭിച്ച കേരളത്തിലെ ജനങ്ങൾ നിത്യവും അനുഭവിക്കുന്നത് ഇതാകുമ്പോൾ ഇവന്റെ വിദ്യാഭ്യാസമൊക്കെ കുഴിച്ചു മൂടേണ്ട കാലം കഴിഞ്ഞു എന്നിട്ടുള്ള രോഗങ്ങൾ ഇല്ലായ്മ ചെയ്യാൻ ഓടുക മനസ്സിലാവോ കുറഞ്ഞ വർഷം പോയിരിക്കുമ്പോ അങ്ങോട്ട് നോക്കാതെ എങ്കിലും ഇരിക്കുക ആരോഗ്യം വേണം ഇത് അവിടുത്തെ കഥ ഇത് കഴിഞ്ഞെത്തിയാലോ ചാനൽ ഓൺ ചെയ്ത് വെച്ച് പാചകം കാണുക പാചകവും വാചകവും കൂടിയാവുമ്പോ ഒരു വരുവ മനസ്സിലായില്ല അമ്മ മക്കളൊക്കെ കൂടി പാചകവും പാചകം ചെയ്യുന്നവന്റെ പാചകവും ഇഞ്ചി കപ്പമ്മ ഉരുളക്കിഴങ്ങോ മീനോ എന്താണെന്ന് വെച്ചാൽ അതെല്ലാം തൊലി കളഞ്ഞ് ഇത്ര കൃത്യമായി അരിഞ്ഞ് ഇന്ന പോലെ ഇന്നതിൽ പൊലിച്ചത് എന്ന് പറയുമ്പോൾ മനസിലായില്ല പിന്നെ ഇത് കഴിക്കണ്ട ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എന്ന അഞ്ചു വിഷയങ്ങളും ഒപ്പം അന്നവും അന്നരസവും ചെറുണ്ടാക്കുന്ന രോഗങ്ങളുടെ ഒരു വലിയ രോഗം ഇതിന്നൊന്നും എഴുതല്ല ഏറ്റവും പരിഷ്കൃതമായ സമൂഹത്തിലെ ഏറ്റവും പരിഷ്കൃതരായ ബിഷദ്വരന്മാരുടെ ചിന്തകൾ പോലും ഇനിയും എത്തിച്ചേരാത്ത മേഖലകൾ ആ അറിവുകൾ മുഴുവൻ അന്ധവിശ്വാസവും ഈ വിട്ടിത്തങ്ങൾ മുഴുവൻ ശാസ്ത്രവും കേൾക്കുമ്പോഴെങ്കിലും എൻ്റെ വാക്കുകളിൽ അതിശയത്ത് തോന്നുന്നില്ലേ നല്ലൊന്നാലോചിച്ചു ഞങ്ങളുടെ ആശ്രമങ്ങളിൽ പോലും ബൊഫയാണ് ബൊഫയെന്ന് പറയുമ്പോ തന്നെ മിക്കോർമെൻ രോഗിയായി മനസ്സിലായില്ല മിറ്റിങ് കഴിഞ്ഞി ബൊഫയാണ് ശരിയല്ല നമുക്ക് ഓർഡർ ചെയ്യാൻ എളുപ്പമാണ് നയൻറ്റി നയൻ പ്ലസ് ടാക്സ് അങ്ങനല്ലേ അല്ല ടാക്സി കൂടെ ചേർത്ത് ഹൺഡ്രഡ് കടത്തി എഴുതിയാൽ വലിയ തുകയായി നമുക്ക് തോന്നുന്നു നയൻറ്റി നയൻ എന്ന് പറഞ്ഞ നൂറ് തികഞ്ഞില്ലല്ലോ എന്നൊരു സമാധാനം കിട്ടുന്ന ഒരു ദഹനം ഉണ്ടാവും ശരിയല്ല ഇതിലും കൂടിയൊരു പരിപാടി ഉണ്ട് സ്ത്രീകൾക്ക് പകുതി ചാർജ് ചെയ്യണം സാധന കഴിക്കും കാരണം സ്ത്രീകൾ അധികം വരുന്നില്ല വന്ന് എണ്ണം കൂടി തിരക്കായി കഴിഞ്ഞാൽ പകുതി അങ്ങ് തട്ടിയാൽ പിന്നെ പുരുഷനേയും കൂട്ടി വന്നോളും എം ബി ഇതൊക്കെ എറണാകുളത്തേക്കഥ തന്നെയാണ് പറയുന്നത് തിരുവനന്തപുരത്തെയല്ല നിങ്ങൾ നല്ലപോലെ ആലോചിക്കുക അപ്പൊ അന്നരസജങ്ങളായ രോഗങ്ങൾ ദൗഹത അപചാരജങ്ങളായ ദൗഹൃം അതും ഞാൻ എടുത്തതാണെന്നാണ് എൻ്റെ നല്ല ഓർമ്മ രണ്ട് ഹൃദയം കുട്ടിയുടെ ഹൃദയവും അമ്മയുടെ ഹൃദയവും ഒരുമിച്ച് അമ്മ പ്രവർത്തിപ്പിക്കുമ്പോൾ അമ്മയിൽ വരുന്ന വികാരങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് അംഗീകാരം ലഭിക്കാതിരുന്നാൽ കുഞ്ഞ് ജന്മനാ ഹൃദ്രോഗിയായി ജനിക്കുന്നുവെന്നാണ് സുശ്രുതൻ പറയുന്നത് ശരകൻ പറയുന്നത് വാഗ്ബടൻ പറയുന്നത് ഒരു സമൂഹം പരിഷ്കൃതമാണെങ്കിൽ ഒരു ഗർഭിണിയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഭാവാത്മകമായ പരിഗണന എങ്കിലും നൽകിയിരിക്കണം മനസ്സിലായോ പഴയ ആളുകൾക്ക് എളുപ്പമായിരുന്നു പരിഷ്കാരികൾക്ക് ഇത് പറ്റാതെ രോഗങ്ങൾ കൂടുന്നു അപ്പോ മാതൃജം പിതൃജം ദൗഹദാപചാരജം അന്നരസജം എന്ന നാലെണ്ണം ഉൾക്കൊള്ളുന്ന ആദിബല പ്രവൃത്തവും ജന്മബല പ്രവൃത്തവും ദോഷബല പ്രവൃത്തം ശാരീരികങ്ങളും മാനസികങ്ങളുമായ രോഗങ്ങൾ പുറത്തേക്ക് പ്രകടമായി വരുന്ന വേറെ അത് വാതജം തിത്തജം കപജം അത് എൺപത് നാൽപ്പത് ഇരുപത് എന്ന കണക്കിന് അങ്ങനെ രോഗങ്ങളെ വർഗീകരിച്ച് ശാരീരിക രോഗങ്ങൾ മാനസിക രോഗങ്ങൾ അതാണ് ദോഷബല പ്രവൃത്തങ്ങളായ രോഗങ്ങൾ അതിലൊരുപാട് ഉൾപിരിവുകളുണ്ട് ഇതിനെല്ലാത്തിനും ആദി ഭൗതികങ്ങൾ ശസ്ത്രകൃതങ്ങളും വ്യാലാദികൃതങ്ങളും വണ്ടിയിൽ മറിഞ്ഞ് ആയുധങ്ങളേറ്റ് ശസ്ത്രക്രിയാ സമയത്ത് ശസ്ത്രത്തിൽ നിന്നുണ്ടായത് അതുപോലെ പാമ്പ് കടിച്ച് പഴുതാര കടിച്ച് തേള് കടിച്ച് ആഹ് കടിച്ച് പുലി പിടിച്ച് ഒക്കെ ഉണ്ടാകുന്ന രോഗങ്ങളെല്ലാം പശു ഒക്കെ ഉണ്ടാകുന്ന രോഗങ്ങളെ എല്ലാമാണ് ആദി ഭൗതിക രോഗങ്ങളിൽപ്പെടുത്തുന്നത് ഭൗതികമായി രോഗം വരാവുന്ന വഴികൾ ശസ്ത്രം വഴിയോ ഇല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾ വഴിയോ ആണ് അത് മാത്രേ ഭൗതികമായുള്ളൂ ആദിഭൗതികങ്ങളും ആധ്യാത്മികങ്ങളും കഴിഞ്ഞാൽ ആദിദൈവികങ്ങളായ രോഗങ്ങൾ ദുഃഖങ്ങൾ അവയ്ക്കുണ്ടാകുന്ന രോഗങ്ങൾ അവ കാലബല പ്രവൃത്തമായ മറ്റതെല്ലാം കൂടെ ഒന്നിച്ച് സംഘാതബല പ്രവൃത്തം എന്ന് പറയും കാലബല പ്രവൃത്തത്തിലെ വ്യാപന്ന ഇർദു കൃതങ്ങളും അവ്യാപന ഇർദു കൃതങ്ങളും അതാണ് എടുത്തു നിർത്തിയതെന്നാണ് എൻ്റെ പരിമിതമായ ഓർമ്മ അതിനകത്താണ് ഞാന് വ്യാപന്ന ഇർതു കൃതങ്ങളിൽ ആലപ്പുഴയിലെ ചിക്കുൻകുനിയൊക്കെ അതാണെന്ന് പറഞ്ഞതും ആ കൂട്ടത്തിൽ വ്യാപന ഇറു ഘൃതങ്ങളും അവ്യാപന ഇറുതുഘതങ്ങളുമായ രോഗങ്ങളെ ജനപദോധ്വംസന രോഗങ്ങളെന്ന് പറയുമെന്നും അതാണ് ആലപ്പുഴയിൽ സംഭവിച്ചതെന്നും സുനാമി കഴിഞ്ഞിനിയും അതിൻ്റെ ബാക്കി പത്രമാണ് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന അവ്യാപന ഇതുകൃതമായ മഴയുൾപ്പെടെ ഇത് മഴയുടെ സമയമല്ല മനുഷ്യ മനസ്സിന് മാറ്റം വരുമ്പോൾ പ്രകൃതിയിൽ വരുന്ന മാറ്റമായി കാണുന്നത് അത് പുനർവസ്തു ആത്രയൻ ഭാർഗവൻ ഇവരൊക്കെ വളരെ ഭംഗിയായി പറഞ്ഞിട്ടുണ്ട് ആത്രേയനാണ് വളരെ ശക്തമായി പറഞ്ഞിട്ടുള്ളത് അതും ഞാൻ കൂട്ടിയതാണെന്നാണ് എൻ്റെ ഓർമ്മ പുത്ര ഔഷധങ്ങൾ ശേഖരിച്ചു വെക്കൂ കാലം മാറുന്നു രോഹിണി നക്ഷത്രത്തിന്റെ നില കാണുന്നില്ലേ ഋതു സംക്രമണം മാറിമറിയാൻ പോവുകയാണ് ഇപ്പോൾ ഔഷധം നീ കൃത്യമായി ശേഖരിച്ചില്ലെങ്കിൽ ഋതു മാറിക്കഴിഞ്ഞ് ശേഖരിക്കുന്ന ഔഷധം തന്നെ രോഗത്തിന് കാരണമായി തീരും കാരണം അതിൽ വിഷാംശങ്ങൾ ഉണ്ടാവും ഞാൻ അത്രയും പറഞ്ഞുവെന്നാണ് എൻ്റെ ഓർമ്മ ജനപഥ്വംസനത്തിന്റെ ലക്ഷണം കാണുമ്പോഴേ പുത്രനെ വിളിച്ച് ആ പുനർവസ്വാത്രയൻ പുത്രനോട് പറയുകയാണ് പുത്ര ചെടികൾക്ക് വിഷം വരാൻ പോകുന്നു വീര്യം മാറി മറിയാൻ പോകുന്നു മാറുന്നു നേരത്തെ പറിച്ചു അല്ലാതെ ചെടിയാണെന്ന് പറഞ്ഞ് പഠിച്ചു അതില് പ്രകൃതിയുടെ മാറ്റം അനുസരിച്ച് അതിന്റെ സ്വീകരണ മാറ്റം വരും മുത്തളല്ലെങ്കിൽ കൊടവനല്ലെങ്കിൽ മണ്ടൂക പറ എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ചെടിയുണ്ട് കൊടങ്ങൽ എന്നൊക്കെ പറയുന്ന നിങ്ങളുടെ ഇവിടുത്തുകാർ കുടാവാൻ എന്ന് പറയും തിരുവനന്തപുരം സൈഡിലൊക്കെ കൊടങ്ങൽ എന്ന് പറയും വടക്കൻ കേരളത്തിൽ മുത്തൽ എന്ന് പറയും സംസ്കൃതത്തിൽ മണ്ടൂക പറയും ആ എന്നും അതിനെ പറയും ഇങ്ങനെയുള്ളൊരു ചെടിയുണ്ട് ഇത് കറുത്തതും വെളുത്തതും നല്ല കറുപ്പുള്ളതിന് നല്ല ചുവന്ന ഒരു പഴവും ഉണ്ടാവും നല്ല കറുത്ത മുത്തള് പറമ്പിൽ സ്വർണ്ണമുണ്ടെങ്കിലാണ് കൂടലുണ്ടാവുക കാരണം അതിൽ ഗോൾഡിന്റെ അംശം വളരെ കൂടുതലാണ് ഗോൾഡിനെ ലയിപ്പിക്കാനുള്ള കഴിവ് മാറ്റടിക്കും മുത്തളും ശതാവരി പൂത്ത് കാച്ച് കഴിഞ്ഞു പറിച്ച കിഴങ്ങും എല്ലാം ചേർത്താണ് സാരസ്വത അനിഷ്ടം കെട്ടിവെക്കുന്നത് ഇപ്പോൾ ശുദ്ധിയിലെ ശുദ്ധമായ തങ്കത്തകിട് പുളിയിലെ കനത്തിൽ അതിനകത്ത് ഇട്ടു വെക്കുകയാണ് ചെയ്യുന്നത് മുപ്പത് ദിവസം കഴിയുമ്പോൾ അത് ലയിച്ചിരിക്കും ഇപ്പൊ ലയിക്കാറില്ല ഇപ്പൊ ഒന്ന് സ്വർണ്ണം അല്ലിടുന്നത് കാരണം സ്വർണം പലതരത്തിലുണ്ട് ഒന്ന് കടയിൽ രൊക്കം കാശ് വാങ്ങുമ്പോൾ സ്വർണത്തിന് ഒരു ക്വാളിറ്റി ആളുകളുടെ റെക്കമെൻഡേഷനോടുകൂടി കല്യാണ സമയത്ത് കൊടുക്കാൻ മുഴുവൻ കാശും ഇല്ല എന്ന് പറഞ്ഞ് ചെന്ന് മുതലാടിയെ കണ്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് തന്നേക്കാമെന്ന് പറഞ്ഞാൽ തരുന്ന സ്വർണ്ണത്തിനൊരു ക്വാളിറ്റി അങ്ങനെ സ്വർണം തരും കാരണം അവനറിയാം ഇതിൽ പകുതി പൈസ കിട്ടുകയാണ് അതിനുള്ള ചെമ്പ് കൂടുതൽ ഉണ്ടാവുക കുറെ ചോദിക്കൂ നിങ്ങൾ മേടിച്ചിട്ടുണ്ടല്ലോ ഇവിടെ കടം മേടിച്ചത് വെച്ചു രൊക്കം കൊടുത്ത് മേടിച്ചത് വെച്ചു അതിലും വ്യത്യാസമുണ്ട് കാരണം ഈ ലോകത്തിനനുസരിച്ച് കച്ചവടം എന്നുള്ളതാണ് ലോകത്തിന്റെ ഇന്നത്തെ കാരണം സ്വാമി എൻ്റെ മോട കല്യാണമാണ് എന്ന് വിളിച്ചു സ്വാമി സന്തോഷമായിട്ട് വിളിച്ചു കാരണം പത്ത് ശതമാനം സ്വാമി കാരണം ചെമ്പ് കൂടുതൽ ചേർന്നത് കൊടുക്കുന്നു അവിടുന്ന് എടുക്കൂടും അതുകൊണ്ട് ആരുടെ എങ്കിലുമൊക്കെ മന്ത്രി എം എൽ എ സ്വാമി ആചാര്യൻ ഗുരു ഇവരുടെ ഒക്കെ റെക്കമൻഡേഷൻ പോയി കടവും മേടിച്ച് കൊണ്ടുവന്ന് കൊടുത്ത് ബാക്കി പൈസ കൊണ്ട് കൊടുക്കവും മുഴുവൻ കൊടുക്കേണ്ടതില്ല കച്ചവടക്കാരെ പരിചയം കൊണ്ടേ അവരോട് ചോദിച്ചോളു കാരണം അവർക്കിടയിൽ ഇത് കിട്ടാനുള്ള പൈസയല്ലാന്ന് അപ്പൊ അതുകൊണ്ട് അതിനകത്ത് നിന്ന് സ്പെഷ്യല് പറയുന്നത് കാരണം ചായ കുടിക്കാൻ അമ്പലമോളിലെ ചായക്കിട ചെല്ലുമ്പോഴും പൈസ ആദ്യം കൊടുത്തിട്ട് കുടിക്കുന്നവൻ കുടിക്കുമ്പോഴും രണ്ടാണ് ചായ തരുന്നത് ജലി ചെല്ലുമ്പോ പറയും രജിസാർ തന്നിരിക്കുന്ന ആ സ്പെഷ്യല് കൊടുന്ന് സഞ്ചു പിഴിഞ്ഞു കൊടുക്കണം കാരണം അവന് വെള്ളത്തിന്റെ കാശ് കണക്കാക്കിയാൽ മതി കാരണം അതിന്റെ പിട്ട് പിഴിഞ്ഞു കൊടുത്താൽ മതി അത് പറ്റിലെഴുതാനുള്ളതാണ് അങ്ങനെയാണ് അതിന് നിയമതാണ് അത് ഈ ലോകത്തുള്ളതാണ് ഇതൊന്നും അറിയാതെയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ പരിഷ്കാരികളൊന്ന് വിളിക്കാം ഈ ലോകത്ത് സർവ്വസാധാരണമായുള്ളതാണ് മനുഷ്യ ജീവിതത്തിൽ അങ്ങനെ ഒരു തലമുണ്ട് അപ്പൊ ഔഷധങ്ങൾക്കും ഈ പ്രത്യേകതകളൊക്കെ ചുറ്റുപാടും ഉണ്ട് പ്രകൃതിയുടെ മാറ്റം പ്രകൃതിയുടെ വികൃതികൾ അതൊക്കെ അറിഞ്ഞ ഔഷധം മാറും സ്വർണം ലയിപ്പിക്കുന്നത് സ്വർണം ലയിപ്പിക്കാതാവും പഠിച്ചെടുക്കുന്നതിന് സമയങ്ങളുണ്ട് പുഷ്യം നക്ഷത്രത്തിൽ പഠിച്ചെടുക്കുന്ന വെളുത്ത ശംഖുപുഷ്പത്തിന്റെ പേര് ഫലം മറ്റൊരു നക്ഷത്രത്തിൽ പഠിച്ചെടുത്താൻ കിട്ടില്ല അതൊക്കെ എല്ലാ നക്ഷത്രവും ഒരുപോലല്ലേ വിടിച്ച കല്ലുലിക്കി എന്ന് പറയുന്ന ചെടിയുടെ ഇല ആദ്യത്തെ പതിനഞ്ച് ദിവസം പറിച്ചു കഴിച്ചു നോക്കുക കർക്കിടക അല്ല കറുത്തവാവ് മുതൽ അടുത്ത വെളുത്തവാവ് വരെയുള്ള പതിനഞ്ച് ദിവസം ഒന്ന് കഴിച്ചു നോക്കുക ഇടയ്ക്ക് അത് കഴിഞ്ഞ പതിനഞ്ചു ദിവസം കഴിഞ്ഞ് വീണ്ടും അതേ ചെടിയുടെ ഇല കഴിച്ചു നോക്കുക രുചിഭേദമുണ്ടോന്ന് നോക്കുക എളുപ്പത്തിൽ പരീക്ഷിക്കാവുന്ന കല്ലുരുക്കി എന്ന് പറഞ്ഞൊരു ചെടിയുണ്ട് മധുരത്വന്ന് പറയും കണ്ടിട്ടുണ്ടോന്നറിയില്ല ഏ അതിന്റെ അല്ല കുറച്ചിട്ടൊന്ന് കളിക്കുക കഴിച്ചു നോക്കുക നാളെപ്പോഴിക്കോ കടുത്ത നിലനിട്ട് തോന്നല്ലേ ആ വെളുത്ത പക്കത്തിൽ കഴിയുക കറുത്ത പൊക്കത്തിൽ കഴിയുക കറുത്ത പക്കത്തിൽ ഞണ്ടിനെ വാങ്ങിച്ചിട്ട് പൊട്ടിച്ചു നോക്കുക മാംസം ഉണ്ടാവില്ല അല്ല വെളുത്ത പക്കത്തിൽ കറുത്ത പക്കത്തിൽ നോക്കുക നിറച്ചു മാംസം ഉണ്ടാവും എല്ലാം പിന്നും പക്ഷേ വിവരമില്ല കറുത്ത പക്കത്തിനുണ്ട് അപ്പോഴത് മൂപ്പാകുന്നു ഞണ്ടിന്റെ മാംസം ഞാൻ കയുടെ മാംസമൊക്കെ കറുത്ത പക്കത്തിൽ വെളുത്ത പക്കത്തിൽ അവയ്ക്കൊന്നും മാംസം ഉണ്ടാവില്ല തോട് മാത്രമേ കാണുള്ളൂ അതുപോലെ കറുത്ത പക്കത്തില് അടുത്തു വരുമ്പോഴാണ് മത്സ്യത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടാകുന്നത് അതിന് മാറ്റം ഉണ്ടാകും അതിന്റെ മനസ്സിന് മാറ്റം ഉണ്ടാവും അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റം ഉണ്ടാവും ആ സമയത്ത് കിട്ടുമ്പോൾ ടൈഗർ ഫിഷും മറ്റും കിട്ടുമ്പോൾ ഒരു ലക്ഷം മുട്ടയുണ്ടാകുന്നു അതിന്റെ വയറിന് താഴെ പുറം നിന്ന് മത്സ്യം കൊണ്ടിരുന്നവർ അതിനെ ജീവനോടെയാണ് കൊണ്ടിരുന്നത് കരക്കൊണ്ട് നിൽക്കുന്നത് ए, ും ഓക്സിജനും ട്രിപ്പും ഒക്കെ ആയിട്ടാണ് ഗോവയിലോ വിശാഖപട്ടണത്തോ പോവുക പതിനഞ്ച് ദിവസം പുറംകരലിൽ കിടക്കുന്ന കുരുക്കളുണ്ട് അതെല്ലാം നിറച്ച് മത്സ്യം പിടിച്ചു വരുമ്പോൾ അതിനകത്ത് ഒരു ടൈഗർ ഫിഷിനെ കിട്ടിയാൽ നാലായിരം രൂപ വിലയാണ് ഒറ്റ മത്സ്യത്തിന് മനസ്സിലായില്ല ജീവനോടെ കൊണ്ടുപോകണം ചട്ട കൊള്ളില്ല ഇതും അറിയില്ല എന്റെ ഇടിയിൽ ഒരു ലക്ഷം മുട്ടയുണ്ടാവും കറപ്പ് നടത്തില്ല അതുപോലെ അതിന്റെ വൃത്തിക്ഷയങ്ങൾക്കനുസരിച്ച് മത്സ്യം സെക്കൻഡുകൾ കഴിയും തോറും അതിൽ പങ്കൽ പ്രവർത്തനങ്ങൾ ഉണ്ടാവും നിങ്ങൾ കഴിക്കുന്ന പൂന്തലും പറ്റും കണവാ കേരന്തോ വരൂ പറയാനായിട്ട് സി എഫ് എന്നാ പറയാ ഈ സാധനത്തിന്റെ ചെകിളക്ക് നിറം മാറിയാൽ നിറം വാങ്ങിയാൽ നിങ്ങളുടെ വയറുള്ള മരുന്നൊന്നും കൈകാര്യം അത് കേടായത് കൊണ്ടാണ് ഇവ കടലിലെ ജീവികളെ എടുത്താൽ കരയിലുള്ള ജീവികളെ എടുത്താൽ സസ്യങ്ങളെ എടുത്താൽ ഇവയിലെല്ലാം പ്രകൃതിയുടെ ആന്ദോളനങ്ങൾ ഒട്ടേറെ പരിണാമങ്ങളുണ്ടാവും